തീർച്ചയായും നാം മൂസ അലിഹിസലാമിന് ഗ്രന്ഥം നൽകിയിരുന്നു എന്നാൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി നിന്റെ രക്ഷിതാവിങ്കൽ നിന്നു മുൻപേ ഒരു വാക്കുണ്ടായിരുന്നില്ലെങ്കിൽ അവർക്കിടയിൽ വിധി തീർക്കപ്പെടുമായിരുന്നു തീർച്ചയായും അവർ അതിൽ സംശയകരമായ ഒരവസ്ഥയിലാകുന്നു